എന്നാൽ അവർ തങ്ങളുടെ കരാർ ലംഘിച്ചതിനാലും അള്ളാഹു സുബഹാനഹുവ ചയാലയുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചതിനാലും പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തിയതിനാലും ഞങ്ങളുടെ ഹൃദയങ്ങൾ പൊതിഞ്ഞവയാണെന്നവർ പറഞ്ഞതിനാലും നാം അവരെ ശിക്ഷിച്ചു അവരുടെ നിഷേധം കാരണം അള്ളാഹുസുബഹാനഹുവ ചയാല അവയിൽ മുദ്രവെച്ചു അതിനാൽ വളരെ കുറച്ചുപേരല്ലാതെ അവർ വിശ്വസിക്കുകയില്ല